നമ്മളെല്ലാം ഭാരതീയരാണ് ഇതാണോ നിന്റെ മുറി അതെ ഇത് വളരെ നല്ല മുറിയാണ് അതെന്താ എല്ലാ മുറികളും ഒരുപോലെയല്ലേ അല്ല ഇത് വലിയ മുറിയാണ് ശരി ശരി ഇതൊക്കെ ആരാണ് തോമസ് ഇവൻ നമ്മുടെ ഹോസ്റ്റൽ പയ്യൻ രാഘവന്റെ അനിയനാണ് പേര് സുകുമാരൻ ഇവളോ ഇവൾ സുകുമാരന്റെ അനിയത്തി രാധയാണ് സുകുമാരനും രാധയും ഒക്കെ നിന്റെ കൂട്ടുകാരാണോ അതെ ഞങ്ങൾ വലിയ കൂട്ടുകാരാണ് അപ്പോൾ കൊച്ചുകുട്ടികളും നിന്റെ കമ്പനിയാണോ അതെ കൊച്ചുകുട്ടികളും വലിയ ആളുകളും വയസ്സരുമെല്ലാം എന്റെ കൂട്ടുകാരാണ് അപ്പോൾ ഞാനോ നമ്മൾ പിന്നെ ശത്രുക്കളാണ് അല്ലേ അല്ല ആരും എന്റെ ശത്രുവല്ല നിന്റെ നാട്ടുകാരൻ സാഹുവോ അവൻ എന്റെ നാട്ടുകാരനല്ല ഞാൻ ഭോപ്പാൽക്കാരനാണ് എന്റെ മാതൃഭാഷ ഹിന്ദിയാണ് സാഹു ഒറീസക്കാരനല്ലേ നിവേദിതയല്ലേ ഒറീസക്കാരി സാഹു ബംഗാളിയൻ അല്ല അവൻ ബംഗാളിയല്ല അവളാണ് ബംഗാളി അപ്പോൾ നമ്മുടെ ഹോസ്റ്റൽ ദേശീയോദ്ഗ്രഥനത്തിന്റെ കേന്ദ്രം തന്നെ അതെ അതെ നമ്മൾ ഹിന്ദിക്കാരും മലയാളികളും ഒറീസക്കാരും ഒക്കെ ഒന്നാണ് നമ്മളെല്ലാം ഭാരതീയരാണ് നൗ ലിസൺ ആൻഡ് റിപ്പീറ്റ് ഇതാണോ നിന്റെ മുറി ഇതാണോ നിന്റെ മുറി അതെ അതെ ഇത് വളരെ നല്ല മുറിയാണ് ഇത് വളരെ നല്ല മുറിയാണ് അതെന്താ എല്ലാ മുറികളും ഒരുപോലെയല്ലേ അതെന്താ എല്ലാ മുറികളും ഒരുപോലെയല്ലേ അല്ല ഇത് വലിയ മുറിയാണ് അല്ല ഇത് വലിയ മുറിയാണ് ശരി ഇതൊക്കെ ആരാണ് തോമസ് ശരി ഇതൊക്കെ ആരാണ് തോമസ് ഇവൻ നമ്മുടെ ഹോസ്റ്റൽ പയ്യൻ രാഘവന്റെ അനിയനാണ് പേര് ൻ ഇവൻ നമ്മുടെ ഹോസ്റ്റൽ പയ്യൻ രാഘവന്റെ അനിയനാണ് പേര് സുകുമാരൻ ഇവളോ ഇവളോ ഇവൾ സുകുമാരന്റെ അനിയെത്തി രാധയാണ് ഇവൾ സുകുമാരന്റെ അനിയത്തി രാധയാണ് സുകുമാരനും രാധയും ഒക്കെ നിന്റെ കൂട്ടുകാരാണോ സുകുമാരനും രാധയുമൊക്കെ നിന്റെ കൂട്ടുകാരാണോ അതെ ഞങ്ങൾ വലിയ കൂട്ടുകാരാണ് അതെ ഞങ്ങൾ വലിയ കൂട്ടുകാരാണ് അപ്പോൾ കൊച്ചുകുട്ടികളും നിന്റെ കമ്പനിയാണോ അപ്പോൾ കൊച്ചുകുട്ടികളും നിന്റെ കമ്പനിയാണോ അതെ കൊച്ചുകുട്ടികളും വലിയ ആളുകളും വയസ്സരുമെല്ലാം എന്റെ കൂട്ടുകാരാണ് അതെ കൊച്ചുകുട്ടികളും വലിയ ആളുകളും വയസ്സരുമെല്ലാം എന്റെ കൂട്ടുകാരാണ് അപ്പോൾ ഞാനോ അപ്പോൾ ഞാനും നമ്മൾ പിന്നെ ശത്രുക്കളാണ് നമ്മൾ പിന്നെ ശത്രുക്കളാണ് അല്ലേ അല്ല ആരും എന്റെ ശത്രുവല്ല അല്ലേ അല്ല ആരും എന്റെ ശത്രുവല്ല നിന്റെ നാട്ടുകാരൻ സാഹുവോ നിന്റെ നാട്ടുകാരൻ സാഹുവോ അവൻ എൻ്റെ നാട്ടുകാരനല്ല ഞാൻ പോപ്പാൽക്കാരനാണ് അവൻ എൻ്റെ നാട്ടുകാരനല്ല ഞാൻ പോപ്പാൽക്കാരനാണ് എൻ്റെ മാതൃഭാഷ ഹിന്ദിയാണ് സാഹു ഒറീസക്കാരനല്ലേ എന്റെ മാതൃഭാഷ ഹിന്ദിയാണ് സാഹു ഒറീസക്കാരനല്ലേ നിവേദിതയല്ലേ ഒറീസക്കാരി നിവേദിതയല്ലേ ഒറീസക്കാരി സാഹു ബംഗാളിയും സാഹു ബംഗാളിയും അല്ല അവൻ ബംഗാളിയല്ല അവളാണ് ബംഗാളി അല്ല അവൻ ബംഗാളിയല്ല അവളാണ് ബംഗാളി അപ്പോൾ നമ്മുടെ ഹോസ്റ്റൽ ദേശീയോദ്ഗ്രഥനത്തിന്റെ കേന്ദ്രം തന്നെ അപ്പോൾ നമ്മുടെ ഹോസ്റ്റൽ ദേശീയോദ്ഗ്രഥനത്തിന്റെ കേന്ദ്രം തന്നെ അതെ അതെ നമ്മൾ ഹിന്ദിക്കാരും മലയാളികളും ഒറീസക്കാരും ഒക്കെ ഒന്നാണ് നമ്മൾ ഹിന്ദിക്കാരും മലയാളികളും ഒറീസക്കാരും ഒക്കെ ഒന്നാണ് നമ്മളെല്ലാം ഭാരതീയരാണ് നമ്മളെല്ലാം പരതീയരാണ് ഡ്രിൽസ് റെപ്പറ്റേഷൻ ഡ്രിൽ ഇവൻ എൻ്റെ അനിയനാണ് ഇവൻ എൻ്റെ അനിയനാണ് അവൻ എൻ്റെ ചിറ്റപ്പൻ്റെ മകനാണ് അവൻ എൻ്റെ ചിറ്റപ്പൻ്റെ മകനാണ് നമ്മളെല്ലാം ഒന്നാണ് നമ്മളെല്ലാം ഒന്നാണ് സുകുമാരനും രാധയും എന്റെ കൂട്ടുകാരാണ് സുകുമാരനും രാധയും എന്റെ കൂട്ടുകാരാണ് സാഹുവും മിത്രയും ഒറീസക്കാരാണ് സാഹുവും മിത്രയും ഒറീസക്കാരാണ് മോഹൻ ഭോപ്പാൽക്കാരനാണ് മോഹൻ ഭോപ്പാൽക്കാരനാണ് ലത ഭൽക്കാരിയാണ് ലത ഭോപ്പാൽക്കാരിയാണ് മോഹനും ലതയും ഭോപ്പാൽക്കാരാണ് മോഹനും ലതയും ഭോപ്പാൽക്കാരാണ് അവർ നമ്മുടെ ശത്രുക്കളാണ് അവർ നമ്മുടെ ശത്രുക്കളാണ് അദ്ദേഹം നമ്മുടെ ശത്രു അല്ലേ അല്ല അദ്ദേഹം നമ്മുടെ ശത്രു അല്ലേയല്ല സന്ധി പ്രാക്ടീസ് നാഡ കാരണ നാട്ടുകാരൻ നാട് കാരി നാട്ടുകാരി നാട് ഭോപാൽ കാരൻ ഭോപ്പാൽ കാരി ഭോപ്പാൽ കാരി ഭോപ്പാൽ കാർ भोपाल कार ओरीसा कारन ओरीसा करण ओरीसा कारी ओरीसा कारी ओरीसा कार ിൽഡ് ഡ്രിൽ മോഡൽ ആണ് ആണ് ഗ്രാമക്കാർ ഗ്രാമക്കാരാണ് എന്റെ എന്റെ ഗ്രാമക്കാരാണ് ഘുവും ലീയും രഘുവും ലീലയും എൻ്റെ ഗ്രാമക്കാരാണ് നൗ ഫോളോ ദ മോഡൽ വൺ അല്ലേ അല്ല കൂട്ടുകാരി കൂട്ടുകാരി അല്ലേ അല്ല എൻ്റെ എൻ്റെ കൂട്ടുകാരി അല്ലേ അല്ല ടു ആണ് ആണ് കുട്ടികൾ കുട്ടികളാണ് വലിയ വലിയ കുട്ടികളാണ് മോഹനും രാമുവും ഒക്കെ മോഹനും രാമുവും ഒക്കെ വലിയ കുട്ടികളാണ് ഭാരതീയർ അല്ലേ നമ്മളെല്ലാം നമ്മളെല്ലാം ഭാരതീയരല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ അവർ ഒറീസക്കാരാണ് ഭോപ്പാൽക്കാരാണ് അവർ ഭോപ്പാൽക്കാരാണ് മധ്യപ്രദേശുകാരാണ് അവർ മധ്യപ്രദേശുകാരാണ് ആസാംകാരാണ് അവർ ആസാംകാരാണ് റീസ്റ്റേറ്റ്മെന്ററിൽ മോഡൽ വൺ അവൻ കുട്ടിയാണ് അവർ കുട്ടികളാണ് നൗ ഫോളോ ദോഡൽ ഇവൻ വിദ്യാർത്ഥിയാണ് ഇവർ വിദ്യാർത്ഥികളാണ് അവൾ വിദ്യാർത്ഥിനിയാണ് അവർ വിദ്യാർത്ഥിനികളാണ് മോഡൽ ടു അവൻ ശത്രുവാണ് അവർ ശത്രുക്കളാണ് ഇവൻ ശത്രുവാണ് ഇവർ ശത്രുക്കളാണ് കോമ്പിനേഷൻ ട്രിൽ അവൻ്റെ അവൾ എൻ്റെ നാട്ടുകാരിയാണ് അവനും അവളും എന്റെ നാട്ടുകാരാണ് നൗ ഫോളോ ദോഡൽ അവൻ ഭോപ്പാൽക്കാരനാണ് അവൾ ോപ്പാൽക്കാരിയാണ് അവനും അവളും ഭോപ്പാൽക്കാരാണ് അവൻ എൻറെ നാട്ടുകാരനാണ് അവൾ എൻറെ നാട്ടുകാരിയാണ് അവനും അവളും എന്റെ നാട്ടുകാരാണ് അദ്ദേഹം നമ്മുടെ ഗ്രാമക്കാരനാണ് അവർ നമ്മുടെ ഗ്രാമക്കാരിയാണ് അദ്ദേഹവും അവരും നമ്മുടെ ഗ്രാമക്കാരാണ് റെസ്പോൺസ് ഡ്രിൽ മോഡൽ അദ്ദേഹവും നിങ്ങളുടെ നാട്ടുകാരനാണോ അതെ അദ്ദേഹവും എന്റെ നാട്ടുകാരനാണ് അദ്ദേഹം എൻ്റെ നാട്ടുകാരനല്ല അദ്ദേഹം ഒറീസക്കാരനാണ് നൗ ഫോളോ ദോഡൽ സീത നിങ്ങളുടെ ഗ്രാമക്കാരിയാണോ അതെ അല്ല രവിയും മധുവും നിങ്ങളുടെ കുട്ടികളല്ലേ അതെ അല്ല അവരെല്ലാം നിങ്ങളുടെ നാട്ടുകാരാണോ അതെ അല്ല സോമനും ലീലയും നിന്റെ കൂട്ടുകാരല്ലേ അതെ അല്ല